ഓ പ്രവാചകരേ താങ്കളുടെ ഭാര്യമാരോട് പറയുക നിങ്ങൾ ഇഹലോക ജീവിതത്തെയും അതിന്റെ അലങ്കാരങ്ങളെയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജീവിത സൌകര്യങ്ങൾ നൽകുകയും മാന്യമായി നിങ്ങളെ വിട്ടു നൽകുകയും ചെയ്യാം